ധ്യായം പതിനാറ് യഹോവയുടെ എല്ലപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ ഈ സ്ഥലത്ത് നീ ഭാര്യയെ പരിഗ്രഹിക്കരുത് നിനക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകേമരുത് ഈ സ്ഥലത്ത് ജനിക്കുന്ന പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ചും ഈ ദേശത്ത് അവരെ പമാരെ അവരെ ജനിപ്പിക്കുന്ന അപ്പന്മാരെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു അവർ കൊടിയ വ്യാധികളാൽ മരിക്കും ആരും അവരെക്കുറിച്ച് വിലാപം കഴിക്കുകയോ അവരെ കുഴിച്ചിടുകയോ ചെയ്യാതെ അവർ നിലത്തിന് വളമായി കിടക്കും വാളാലും ക്ഷാമത്താലും അവർ മുടിഞ്ഞു അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായിത്തീരും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നീ ദുഃഖഭവനത്തിൽ ചെല്ലരുത് വിലപിപ്പാൻ പോകരുത് അവരോട് സഹതാപം കാണിക്കുകയുമരുത് ഞാൻ എന്റെ സമാധാനവും ദയയും കരുണയും ഈ ജനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട് വലിയവരും ചെറിയവരും ഈ ദേശത്ത് മരിക്കും ആരും അവരെ കുഴിച്ചിടുകയില്ല അവരെക്കുറിച്ച് വിലാപം കഴിക്കയില്ല അവരുടെ നിമിത്തം മുറിവേൽപ്പിക്കയില്ല മുൻകഷണ്ടി ഉണ്ടാക്കുകയുമില്ല മരിച്ചവനെക്കുറിച്ച് അവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ആരും വിലാപത്തിങ്കൽ അവർക്ക് അപ്പം നുറുക്കി കൊടുക്കുകയില്ല അപ്പനെ ചൊല്ലിയോ അമ്മയെ ചൊല്ലിയോ ആരും അവർക്ക് ആശ്വാസത്തിന്റെ പാനപാത്രം കുടിപ്പാൻ കൊടുക്കുകയുമില്ല അവരോടുകൂടെ ഇരുന്ന് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീ വിരുന്നു വീട്ടിലേക്ക് പോകരുത് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ കാണെ ഞാൻ നിങ്ങളുടെ നാളുകളിൽ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും ഈ സ്ഥലത്തുനിന്ന് നീക്കി കളയും നീ ഈ വചനങ്ങളെയൊക്കെയും ഈ ജനത്തോട് അറിയിക്കുമ്പോഴും യഹോവ ഞങ്ങൾക്ക് വിരോധമായി ഈ വലിയ അനർത്ഥമൊക്കെയും കൽപ്പിച്ചത് ഞങ്ങളുടെ ആകൃത്യം എന്ത് ഞങ്ങളുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾ ചെയ്ത പാപം എന്ത് എന്ന് അവർ നിന്നോട് ചോദിക്കുമ്പോഴും നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ത്യജിച്ചു അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിച്ച് നമസ്കരിക്കുകയും എന്നെ ഉപേക്ഷിച്ച് എന്റെ ന്യായ അനുസരിച്ച് നടക്കാതെയിരിക്കുകയും ചെയ്യുക കൊണ്ട് തന്നെ എന്ന് യഹോവിയുടെ അരുളപ്പാട് നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തനും എന്റെ വാക്കുകേൾക്കാതെ താൻ താൻറെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യമനുസരിച്ച് നടക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്തുനിന്ന് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും അറിയാത്ത ഒരു ദേശത്തേക്ക് നീക്കിക്കളയും അവിടെ നിങ്ങൾ രാവും പകലും അന്യദേവന്മാരെ സേവിക്കും അവിടെ ഞാൻ നിങ്ങൾക്ക് കൃപ കാണിക്കുകയുമില്ല ആകയാൽ ഇസ്രയേൽ മക്കളെ മിസ്രൈൻ ദേശത്തുനിന്ന് കൊണ്ടുവന്ന യഹോവയാണെ എന്ന് ഇനി പറയാതെ ഇസ്രയേൽ മക്കളെ വടക്കേ ദേശത്തു നിന്നും താൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാണേ എന്ന് പറയുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും ഇതാ ഞാൻ അനേകം മീൻപിടിക്കാരെ വരുത്തും അവർ അവരെ പിടിക്കും അതിന്റെ ശേഷം ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും അവർ അവരെ എല്ലാ മലയിലും നിന്നും എല്ലാ കുന്നിലും നിന്നും പാറപ്പിളർപ്പുകളിൽ നിന്നും നായാടി പിടിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് എന്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെയും മേൽ വെച്ചിരിക്കുന്നു അവ എനിക്ക് മറഞ്ഞുകിടക്കുന്നില്ല അവരുടെ അകൃത്യം എന്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല അവർ എന്റെ ദേശത്തെ തങ്ങളുടെ മ്ളേച്ച വിഗ്രഹങ്ങളാൽ മലിനമാക്കി എന്റെ അവകാശത്തെ തങ്ങളുടെ അറപ്പുകളെ കൊണ്ട് നിറച്ചിരിക്കിയാൽ ഞാൻ ഒന്നാമത് അവരുടെ അകൃത്യത്തിൽ നിന്നും അവരുടെ പാപത്തിനും ഇരട്ടിച്ച് പകരം ചെയ്യും എന്റെ ബലവും എന്റെ കോട്ടയും കഷ്ടകാലത്ത് എന്റെ ശരണവുമായ ഹോവി ജാതികൾ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് നിന്റെ അടുക്കൽ വന്നു ഞങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായിരുന്നത് മിഥ്യാമൂർത്തികളായ വെറും ഭോഷ് അവയിൽ പ്രയോജനമുള്ളത് ഒന്നുമില്ല എന്നു പറയും തനിക്ക് ദേവന്മാരെ ഉണ്ടാക്കുവാൻ മനുഷ്യന് കഴിയുമോ എന്നാൽ അവ ദേവന്മാരല്ല ആകയാൽ ഞാൻ ഈ പ്രാവശ്യം അവരെ ഒന്ന് പഠിപ്പിക്കും എന്റെ കൈയും എന്റെ ബലവും ഞാൻ അവരെ ഒന്ന് അനുഭവിപ്പിക്കും എന്റെ നാമം യഹോവയെന്ന് അവർ അറിയും